സർവസ്യ ആത്മത്വാച്ഛ ബ്രഹ്മ അസ്തിത്വപ്രസിദ്ധി എന്ന് പറഞ്ഞാൽ ബ്രഹ്മ അസ്തിത്വത്തെ അറിയുന്നു എന്തുകൊണ്ടത് സർവസ് ആത്മത്വാച്ഛ എല്ലാവരുടെയും സ്വരൂപമായിരിക്കും ബ്രഹ്മ സർവം എന്ന് പറയുമ്പോ മനുഷ്യര് മാത്ര മനുഷ്യര് ഈ പ്രപഞ്ചത്തിലെ ഓരോന്നും എല്ലാത്തിന്റെയും സ്വരൂപമായിരിക്കുന്ന എന്താണ് ബ്രഹ്മമാണ് അതുകൊണ്ടാണ് അസ്തിത്വജ്ഞാനം എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് പുസ്തകം അസ്ഥി െന്തോണ്ടറിയുന്നു ഈ പുസ്തകത്തിന്റെ സ്വരൂപമായിരിക്കുന്ന ബ്രഹ്മമാണ് ഗീതാ ഭാഷത്തിലെ ചന്ദ്രാചാര്യ ഒരുപാട് വിശദീകരിച്ച് പറയുന്നുള്ളതിന് ഇല്ലാത്തതിനും എല്ലാത്തിനും എന്തുണ്ട് അസ്തിത്വജ്ഞാനമാണ് ഈ അസ്തിത്വജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മ ജ്ഞാനമാണ് ബ്രഹ്മത്തിന്റെ ആണ് ഈ അസ്ഥിത്വജ്ഞാനം എന്നുവെച്ചാൽ ബ്രഹ്മമാണ് അസ്തിത്വമായിട്ട് ഉണ്മ്മ ഉണ്ട് എന്നിങ്ങനെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഈ അനുഭവം ബ്രഹ്മത്തിന്റെ അനുഭവമാണ് അദ്ദേഹത്തിൽ ശക്തമായ നിലപാട് ന്യായവൈശേഷികന്മാരെല്ലാം പറയുന്ന എന്താണ് ഈ പദാർത്ഥങ്ങളിൽ അസ്തിത്വം എന്ന് പറയുന്ന ഒന്നുണ്ട് അതിരിയിരിക്കുകയാണ് ബ്രഹ്മമൊന്നുമല്ല അതും ഒരു പദാർത്ഥമാണ് എങ്ങനെയാണ് ഒരു വസ്തുവിൽ ഗുണമിരിക്കുന്നത് നിറവും മറ്റും എങ്ങനെയാണ് ഓരോ വസ്തുവിന് ആകൃതിയുള്ളത് അല്ല ഒരു വസ്തുവിൽ അസ്തിത്വമുണ്ട് അപ്പോൾ ആ വസ്തുവിനെ കാണുമ്പോൾ നമ്മൾ അസ്ഥി എന്നറിയുന്നത് അതിലിരിക്കുന്ന അസ്ഥിത്വം എന്ന് പറയുന്ന പദാർത്ഥത്തിന്റെ ജ്ഞാനമാണ് ബ്രഹ്മമാണെന്ന് അവരംഗീകരിക്കില്ല പക്ഷെ അദ്വൈതങ്ങള് പറയുന്നത് എന്താണ് ഈ അസ്ഥിത്വജ്ഞാനം ബ്രഹ്മത്തിന്റെ ജ്ഞാനമാണെന്നാണ് ഇതാണ് അദ്വൈതത്തിന്റെ സവിശേഷത അദ്ദേഹത്തിന്റെ സവിശേഷ ശങ്കരാചാര്യ പറയുന്നത് സർവോഹി ആത്മാഅസ്തി ഇനി മനുഷ്യരെ എടുത്തു കഴിഞ്ഞ സർവമനുഷ്യരും തന്റെ അസ്തിത്വത്തെ അറിയുന്നുണ്ട് സർവെന്ന് വെച്ചോട് മനുഷ്യരെ ഉദ്ദേശിച്ചു പറയുന്നു സർവമനുഷ്യർ ആത്മ അസ്തി ആത്മാവിന്റെ അസ്തിത്വത്തെ എന്നുവെച്ചാൽ തന്റെ അസ്തി പ്രത്യേകത എന്ന് വെച്ചറിയുന്നു അപ്പൊ എന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഉണ്ട് എന്നെല്ലാവരും അറിയുന്നു ഞാൻ ഉണ്ട് എന്നറിയുന്ന എന്തിനാ അറിയുന്നത് അത് തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മാവിനെ അറിയണം ആത്മാവ് പറയുന്നത് അത്ര സ്പഷ്ടമായൊരു കാര്യമാണ് ഒരു മനുഷ്യൻ ഞാൻ ഉണ്ട് എന്നറിയുന്നുണ്ടോ പറയണമെന്നില്ല അറിഞ്ഞാ മതി അതിന്റെ അർത്ഥം എന്താണ് അവൻ തന്നെ ആത്മാവായി അറിയുന്നു എന്നാണ് ആത്മാവായി അറിയുന്ന അത് ശരീരം ഇന്ദ്രിയം അങ്ങനെയൊന്നുമല്ല അറിയുന്നത് ശരീരത്തെ ഇന്ദ്രിയൊക്കെ അറിയുന്ന എങ്ങനെയാണ് ഇതെന്റെ ശരീരം ഇതെന്റെ ഇന്ദ്രിയങ്ങൾ അങ്ങനെ അറിയുന്നത് ഇതെന്റെ ഉടുപ്പെന്നറിയുമ്പോൾ പക്ഷെ ആത്മാഅസ്തിത്വത്തെ അങ്ങനെയല്ല അറിയുന്നത് ഞാൻ ഇങ്ങനെ അറിയുന്ന തന്റെ ആ അസ്തിത്വം ഞാനുണ്ട് എന്നുള്ളത് ഞാനത് ആത്മാവിനെ കുറിച്ചുള്ള ഞാനാണ് എന്തുകൊണ്ട് എല്ലാ മനുഷ്യർക്കും ഞാനുണ്ട് ആരും തന്നെ നാഹമസ്വി ഞാനില്ല എന്നും അറിയുന്നില്ല ഞാനില്ല എന്ന് ആരും അറിയുന്നില്ല ഇതാണ് തെളിവുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആത്മാവിനെ അറിയുന്നുണ്ട് ആത്മാവെന്ന് പറയുന്ന ഒന്നിനെ അറിയുന്നുണ്ട് അതിന് നമുക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള സാക്ഷാത്ാരമൊന്നും വേണ്ട അല്ലാതെ തന്നെ അറിയുന്നുണ്ട് നേരത്തെ പറഞ്ഞുള്ള വസ്തുക്കളിൽ എങ്ങനെയാണോ ഉണ്മയറിയുന്ന അതുപോലെ തന്നെ അറിയുന്നുണ്ടെങ്കിൽ തന്റെ ഉണ്മയെ അറിയുന്നുണ്ടെങ്കിൽ താൻ താനായിരിക്കുന്ന ആത്മാവിനെ അറിയുന്നു അവിടെ ആത്മാവ് താൻ തന്നെ ബാക്കി ശരീരവും അവയവങ്ങളും മറ്റ് ഇന്ത്യങ്ങളെല്ലാം തന്റേതാണ് താനെന്നും തൻറ്റേതെന്നുള്ള ഈ അനുഭവം അതിൽ താനെന്നുള്ള അനുഭവം ആത്മാവിനെയും തന്റേതെന്നറിയുന്നത് ആത്മാവിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന ശരീരം ഇന്ത്യയും മുതലായവ സ്വ അനുഭവത്തിൽ നിന്ന് നമുക്ക് ആത്മാവിനെ അറിയാം ചെറുവർക്ക് ജസ് ആത്മാവെന്ന് പറയുന്നത് അജ്ഞേയമായി അറിയാത്ത ഒരു വസ്തുവല്ല സർവ്വരും അറിയുന്ന വസ്തുവാണ് എന്താണ് പിന്നെ ഞാൻ എന്നെ അറിയുന്നു ഞാനെന്ന് എന്നെ അറിയുക ഈ ലോകത്തെ അറിയുക എൻ്റെ ചുറ്റുപാടുകളെ അറിയുക എൻ്റെ ചുറ്റുപാടുമുള്ള ഈ സ്പേസിനെ അറിയുക പിന്നെ എൻ്റെ അടുത്തിരിക്കുന്നവനെ അറിയുക വസ്തുക്കളെ അറിയുക ചുറ്റുപാടുമുള്ള സമൂഹത്തെ അറിയുക അപ്പം ഞാൻ ണ്ട് എന്നറിയുന്നെന്താണ് എന്റെ ശത്രുവിനെ അറിയുന്നു എന്റെ മിത്രത്തെ അറിയുന്നു എനിക്ക് കഴിക്കാൻ പറ്റിയ ഭക്ഷണത്തെ അറിയുന്നു കഴിക്കാൻ പാടില്ലാത്ത വിഷത്തെ അറിയുന്നു എൻ്റെ അടുത്ത് ഉണ്ട് ഉണ്ട് ഉണ്ട് എന്നുള്ള അറിവ് സർവ്വത്രയുണ്ട് ശരിക്കും അപ്പം ഈ അറിവെന്ന് പറയുന്നത് എന്താണ് ഹ്യമായി ഉണ്ട് ഓരോന്നിനെ തിരിച്ചറിയുന്നത് തന്നെ ഇങ്ങനെ അറിയുന്നത് എന്താണ് ആത്മാസ്ത്യത്വം ഞാൻ എന്നിങ്ങനെ അറിയുന്നത് എന്താണ് ഈ സംഗതി എന്താണ് കേട്ടിട്ടുണ്ടോ ന്യൂറോസയൻസ് പറയുന്ന മോഡേൺ ഇതൊരു ബ്രെയിൻ മോഡലിംഗ് ആണ് ഞാൻ അറിവ് പറയുന്നൊരു സെൽഫ് മോഡലിംഗ് ആണ് എന്നുവെച്ചാൽ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലാതെ ഇവര് പറയുന്നത് പോലെ ആത്മാവെന്ന് പറയുന്നൊരു വസ്തുവേ അല്ല പുറമേ നമ്മൾ ഈ വസ്തുക്കളെ അറിയുന്നു എന്ന് പറയുന്നത് അവിടെ അസ്ഥിത്വജ്ഞാനം എന്ന് പറയുന്നത് ഒരു ്രഹ്മത്തെ അറിയന്ത പിന്നെന്താണ് ആ ഓരോ വസ്തുവിനേ സംബന്ധിച്ച് ബ്രെയിൻ ഉണ്ടാക്കുന്ന ഒരു മോഡല് ആശയം എന്ന് പറഞ്ഞ മനസ്സ് ബ്രെയിൻ മോഡലെന്ന് പറയുന്ന ന്യൂറോ സയൻസ് അവിടെ നിന്നും ന്യൂറോ സയൻസ് ചർച്ച ചെയ്യുന്നില്ല മനസിലായ ഒരു പ്രതികളിൽ ന്യൂറോ സയൻസ് ചർച്ച ചെയ്യുന്നുണ്ട അപ്പൊ അത് അതിനെ കുറിച്ച് എന്തെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം അന്ന് ബ്രെയിനിനെ കുറിച്ചൊന്നും അറിവില്ല ശങ്കരാചാര്യ എഴുതുന്ന കാലഘട്ടത്തില് ബ്രെയിനിനെ കുറിച്ചേ അറിവില്ല പിന്നെ ബ്രെയിൻ മോഡലിങ് ന്യൂറൽ പ്രോസസ്സിനെ കുറിച്ച് അറിവില്ല ബ്രെയിൻ മെക്കാനിസത്തെ കുറിച്ചറിവില്ല അപ്പോ എക്സ്റ്റേണലായിട്ടുള്ള ഈ ലോകം നമ്മുടെ ചുറ്റുപാടുകൾ ഈ കുറിച്ച് ബ്രെയിൻ സൃഷ്ടിക്കുന്ന ഇന്റേണലായിട്ടുള്ള ഒരു മോഡലിങ്ങിയാണ് അതാ ഇതിവിടെ ഇരിക്കുന്നു എന്നുള്ളത് അല്ല പുറമേ അവിടെ വസ്തു ഇല്ലെന്നല്ല വസ്തുണ്ട് പക്ഷെ വസ്തുവിൽ നിന്ന് വേറിട്ട് എക്സിസ്റ്റൻസ് സത്ത എന്ന് പറഞ്ഞൊരു അവിടെ ഇല്ല ആര് പറയും പോലെ അദ്വൈതി പറയുന്ന പോലെ ഇല്ല എന്നാണ് ആര് പറയുന്നത് മോഡേൺ സയൻസ് പറയുന്ന അതൊന്നും നമ്മൾ അറിഞ്ഞിരിക്കണം വെറും കിഴങ്ങന്മാരായി പോരുത് അതുപോലെ തന്നെ ഒരു ഇന്റേണൽ മോഡലാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിന്റെ പൊസിഷൻ നമ്മുടെ ഹാർട്ട് ബീറ്റ് നമ്മുടെ റെസ്പിറേഷൻ ശ്വാസോച്ഛ്വാസം നമ്മുടെ സെൻസസ് നമ്മുടെ സെൻസസിലൂടെ വരുന്ന ഇൻപുട്ടുകൾ പിന്നെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയുണ്ട് ഈ പ്രവർത്തനങ്ങളെ എല്ലാം റെപ്രസെന്റ് ചെയ്യുന്ന ഒന്നിനെയാണ് മോഡലെന്ന് പറയുന്നത് ബ്രെയിൻ റെസെന്റ് ചെയ്യുന്നതിനാണ് സെൽഫ് മോഡൽ എന്ന് പറയും അല്ല ആത്മാവെന്ന് പറയുന്നൊരു മണ്ണാങ്കട്ടെന്നൂടെ ഇല്ല ആ പ്രോസസ് എന്ന് പറയുന്ന വേട് ഉപയോഗിക്കുന്നത് അത് അത് വെച്ചുകൊണ്ട് തന്നെ സ്വിപിയുന്റെ ഉള്ളിൽ എന്താണോ നടക്കുന്നത് ഒരു പ്രോസസ്സിംഗ് അല്ലേ അതേ പ്രോസസ്സിങ് നമ്മുടെ ബ്രെയിൻ നടക്കുന്നു എന്നുവെച്ചാൽ നമ്മുടെ ബ്രെയിൻ എന്ത് ഇത് എത്രയും ഇതൊരു സിസ്റ്റമാണ് സിപി യു എന്ന് പറയുന്ന ഒരു സിസ്റ്റം നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ബ്രെയിൻ എന്ത് ഈ ശരീരത്തിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യുന്നു കാരണം ഒരു എന്ന് പറയുന്ന അതിന് അതിന്റെ പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പറ്റത്തില്ല അതതിന്റെ അകത്താണ് പ്രവർത്തിക്കുന്നത് പ്രവർത്തനങ്ങൾ അതിന്റെ അകത്താണ് നടക്കുന്നത് അതിന് കണക്ഷൻ കൊടുത്ത് മോണിറ്ററിലേക്കു കൊണ്ടുപോവുകയാണ് ആ അപ്പം നമ്മുടെ ശരീരത്തിൽ എന്താണ് മൊത്തത്തിലൊരു പ്രോസസിങ് നടക്കുന്നുണ്ട് ആ പ്രോസസ്സിങ് ശരീരത്തെ ലൊക്കേറ്റ് ചെയ്യുന്നതാണ് അഹം എന്ന് നമ്മളറിയും ഞാൻ എന്നറിയുന്നു അതീ ബ്രെയിൻ പ്രോസസ് ബ്രെയിൻ മെക്കാനിസത്തിന്റെ ഭാഗമായി ഇന്ത്യയുടെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവിടെ ഇവിടെ ആത്മാവ് പറയുന്നൊരു സബ്സ്റ്റൻസ് അവിടെ ഇല്ല പ്രോസസ്സേ ഉള്ളൂ ഇത് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന സാധനം ഓർഗനൈസ് അതുപോലെ ഒരു പ്രോസസ്സിങ് നമ്മുടെ ഉള്ളിൽ നടന്നിട്ട് അത് ആ പ്രോസസ്സിംഗ് ീ ശരീരത്തെ ലൊക്കേറ്റ് ചെയ്യുമ്പം ആ പ്രോസസിംഗിന്റെ ഫലമായിട്ട് എന്താണ് അഹം ഞാൻ എന്നുള്ള ബോധ ഈ ശരീരത്തെ മൊത്തം അത് റെപ്രസെന്റ് ചെയ്യുമ്പം ഞാൻ പറയും ആ ഇതെന്റെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നു എന്റെ റെസ്പിറേഷൻ നടക്കുന്നു എന്റെ കൈ ഉയർത്തുന്നു താഴ്ത്തുന്നു എനിക്കവിടെ വേദനിക്കുന്നു എനിക്കിവിടെ വേദനിക്കുന്നു ഞാൻ പുരുഷനാണ് ഞാൻ സ്ത്രീയാണ് ഇതെല്ലാം എന്താണ് ോഡലാണ് മോഡൽ എന്ന് വെച്ചാൽ റെപ്രസെന്റ് ചെയ്യണം റെപ്രസെന്റ് പറഞ്ഞ അങ്ങനെ കഴിഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സിറ്റി ഈ സിറ്റിയെ കാണിക്കുന്ന ഗൂഗിൾ മാപ്പ് നമ്മുടെ മൊബൈലിനകത്തിരിക്കുന്നു ഗൂഗിൾ മാപ്പ് ഈ ഗൂഗിൾ മാപ്പ് എന്ന് പറയുന്ന സിറ്റിയെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യുകയാണ് കാരണം ഈ മാപ്പിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്തറിയാം എവിടെവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്നുള്ള മുഴുവൻ നമുക്ക് ഇതിനകത്ത് നോക്കി അറിയാൻ പറ്റും റിയൽ ടൈം പ്രോസസിങ് എല്ലാം നോക്കറിയാൻ പറ്റും എന്നാൽ ഈ സിറ്റിയാണോ ഈ മാപ്പ് അല്ല അതുപോലെയാണ് ബോഡിയും സെൽഫ് മോഡലും സെൽഫ് മോഡലെന്ന് പറയുന്ന നമ്മുടെ മൊത്തം ഈ സിസ്റ്റത്തെ റെപ്രസെന്റ് ചെയ്യാണ് എന്നാൽ ഈ സിസ്റ്റം അല്ല മോഡൽ സെൽഫ് മോഡലെന്ന് പറയുന്നു അത് എങ്ങനെയാണോ സിറ്റിയുടെ ഗൂഗിൾ മാപ്പ് നമ്മുടെ ഫോണിനകത്ത് ഇരിക്കുന്ന നമ്മുടെ ബ്രെയിനിനകത്ത് നടക്കുന്ന ഒരു പ്രോസസ്സ് ഒരു വസ്തുവല്ല അത് അതൊരു മെക്കാനിസമാണ് ആ പ്രോസസ്സിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നതാണെന്ത് കൈ കാല് മോക്ക് ജന്റെ പ്രവർത്തനങ്ങൾ എല്ലാം എന്റെ മോഷൻസ് സർവകാര്യങ്ങള് അതിനെയാണ് നമ്മളെന്തു പറയുന്നത് അവയർനെസ് എന്തിനെ കുറിച്ചുള്ള ബോഡിയെ കുറിച്ചുള്ള അവയർനെസ് എന്നെക്കുറിച്ചുള്ള അവയർനെസ് ഞാൻ എന്റേതെന്നുള്ള ബോധം ഇത് മുഴുവൻ ബ്രെയിനിൽ നടക്കുന്ന ഒരു പ്രോസസിംഗിന്റെ ഭാഗമാണ് അറീ കവിഞ്ഞ് ആത്മാവുമില്ല ആനുമില്ല മാവുമില്ല ഒന്നുമില്ല പറയുന്നു ന്യൂറോ സയൻസ് പറയുന്ന ഞാൻ പറയുന്നതല്ല എന്റെ തലയെ കൊണ്ടുപോയി പറയുന്ന കേട്ടാകൊന്ന് ഞാനാണ് പറയുന്നത് അങ്ങനെ ഞാൻ പറയുന്നതല്ല ഇത് ഈ ജീവപരിണാമം ആരംഭിക്കുന്ന സമയത്ത് ഈ എന്താണ് ഈ ബ്രെയിൻ മോഡലിംഗും ആരംഭിച്ചു എന്നുവെച്ചാൽ ആദ്യകാലത്തുണ്ടായ ചെറിയ ബാക്ടീരിയോ അതിൽ പോലും ചെറിയ രീതിയിൽ ഇന്നത്തെ പോലെ അല്ല നമ്മളെ പോലെയുള്ള സെൽഫ് മോഡലിംഗ് ഒന്നും വന്നില്ല മോഡലിംഗ് ഉണ്ടായെന്ന് വെച്ചുകഴിഞ്ഞാൽ അതറിയുന്നു ടെമ്പറേച്ചർ കൂടുകയാണെങ്കിൽ അതറിയുന്നു ഇത് എനിക്ക് അത് അവിടെ ടെമ്പറേച്ചർ ഉണ്ട് അവിടെ മാറുക എന്തെങ്കിലും ഒരു കെമിക്കൽ അതിനനുകൂലമല്ലെങ്കിൽ എന്റെ വൈറസുകളും മറ്റുമാണ് അതറിയുന്നു അതിൽ നിന്ന് മാറിപ്പോവുക അപ്പോ ഇനി അതിനു പറ്റി അതിനാവശ്യമുണ്ട് അതിന്റെ ഒരു ഹോസ്റ്റ് സെല്ല് ഇതിനകത്ത് കയറി പറ്റാന്ന് വിചാരിച്ച നീന്തുന്നു അങ്ങോട്ട് പോകുന്നു ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നു അത് അതിന്റെ ചുറ്റുപാടുകളെ കുറിച്ചൊരു മോഡലുണ്ടാക്കുന്നു ആ മോഡലിനെയാണ് നമ്മൾ പറയുന്ന അസ്ഥിത്വം എങ്ങനെ അത് അറിയുന്നു ഇവിടെ ഒരു ഇവിടെ ടെമ്പറേച്ചർ കൂടിയിരിക്കുന്നു എന്നറിയുന്നു ഇത് ടെമ്പറേച്ചർ ആണ് ഇത് കെമിക്കലാണ് ഇതൊരു സെല്ലാണ് ഇങ്ങനെ ഓരോ വസ്തുക്കളെയും അറിയുന്നു ആ അറിവിന്റെ മൊത്തത്തിൽ അതിന്റെ ചുറ്റുപാടുകളെ ആ അറിവ് അതിന്റെ ബ്രെയിനിന്റെ ഒരു പ്രോസസ്സിംഗ് ആണ് അപ്പം അത് ഓരോന്നിനെയും അറിയുന്നു ആ ഓരോന്നിനെയും കുറിച്ചുള്ള നമ്മൾ പറയുന്നത് അസ്തിത്വം ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ടറിയുന്നു എന്റെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു ബ്രെയിൻ മോഡലിംഗ് ആണെന്ത് മുമ്പിൽ പുസ്തകം ഇരിക്കുന്നു മേശയിരിക്കുന്നു ഇതിരിക്കുന്നു മറ്റേതിരിക്കുന്നു വേറെന്തുന്നു ഭക്ഷണം ഇരിക്കുന്നു വിഷമിരിക്കുന്നു ഇങ്ങനെ ഓരോ കാര്യങ്ങളും ബാഹ്യമായ കാര്യങ്ങൾ അറിയുമ്പോൾ അതെന്താണ് എക്സ്റ്റേണൽ ഓബ്ജക്റ്റുകളെ കുറിച്ചുള്ള ഒരു മോഡലിങ് അപ്പോൾ അവിടെ ബാഹ്യമായി നമ്മൾ അസ്തിത്വത്തെ അറിയുന്നു പറയുന്നു ോഡി റിലേറ്റഡ് ആയിട്ടുള്ള ഇന്റേണലായിട്ടുള്ള ഒരു മോഡലിങ് അതിനെഫ് മോഡൽ അല്ലെങ്കിൽ ആത്മാവ് എന്ന് വിളിക്കുന്നു അപ്പൊ ഉള്ളില് നടക്കുമ്പോ അതിനമ്മള് ആത്മാവ് പറയുന്നു പുറമേ നടക്കുമ്പോഴാണ് നമ്മൾ അതിന് വസ്തുവിന്റെ അസ്തിത്വം എന്ന് പറയുന്നു ഇബ്രൈൻ ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഒന്ന് ഇന്റേണലായി സെൽഫ് മോഡലും ഒന്ന് വെസ്റ്റേൺ ആയിട്ടുള്ള വസ്തുക്കളെ കുറിച്ചുള്ള മോഡലിംഗ് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുകയാണ് രണ്ടും ബ്രെയിൻ എന്തിനാണ് ചെയ്യുന്നത് പഴയ കാലം മുതലേ നമ്മുടെ ഒരു എന്താണ് ഒരു ബാക്ടീരിയ ആയിരുന്ന കാലം മുതലേ ഇത് ചെയ്യുകയാണ് അങ്ങനെ ജീവന് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആണിത് ആരംഭിച്ചത് വെച്ചാൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ബ്രെയിനിന്റെ ഈ പരിപാടി ആരംഭിച്ചത് ഇന്റേണലായിട്ടുള്ള മോഡലിങ്ങും ബാഹ്യമായിട്ടുള്ള ഈ മോഡലിങ്ങും ആരംഭിച്ച് ബ്രെയിന് സർവൈവ് ചെയ്യാൻ വേണ്ടി എങ്ങനെ ബ്രെയിൻ അല്ല ഈ സിസ്റ്റത്തിൽ ൾപ്പെടെയുള്ള ഈ സിസ്റ്റത്തിന് സർവൈവ് ചെയ്യാന്ന് വെച്ചെന്താണ് ഒരു ചെറിയ ബാക്ടീരിയ മനസ്സിലായത് അത് അറിയുന്നു ആ കെമിക്കൽ അപകടമാണെന്നറിഞ്ഞാ അത് അങ്ങോട്ട് പോകത്തില്ല ഒഴിയും ടെമ്പറേച്ചർ വ്യത്യാസമുണ്ട് തനിക്ക് പറ്റിയാലറിഞ്ഞാ ഇങ്ങോട്ട് മാറും അപ്പോ എപ്പോഴും എന്തു ചെയ്യുന്നു അത് ഈ ബ്രെയിനിൽ ഇങ്ങനെ ഒരു പ്രോസസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈ അപകടത്തിനൊന്നും ചെന്ന് ചാടാതെ അതിനാവശ്യനെയൊക്കെ സ്വീകരിച്ച് അത് സർവൈവ് ചെയ്താണ് പ്രണാമം തുടർന്നത് ജീവപരിണാമം പല പല ജീവരൂപങ്ങളിലൂടെ അങ്ങനെ പരിണമിച്ച് പരിണമിച്ച് ദിനോസുകളായി മത്സ്യങ്ങളായി പലതരത്തിലുള്ള ഉരകങ്ങളായി പലതരത്തിലുള്ള കുരങ്ങുകളായി മനുഷ്യനായപ്പോ എന്തു ചെയ്തു ആ ശേഷി വർദ്ധിച്ചു എനിക്കിപ്പോൾ കൃത്യമായിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും എനിക്കൊരു എന്റെ ഒരു ിൽ എന്താണ് ഒരു മോഡലിംഗ് ഉണ്ടെന്ന് വെച്ചാൽ അത് എന്റെ ചുറ്റുപാടുകളെ കുറിച്ചു ശരിയായിട്ടുള്ളൊരു ധാരണയുണ്ട് ഞാനിപ്പോൾ നേരെ അയുന്നേറ്റം അങ്ങോട്ട് നടന്നുകഴിഞ്ഞാൽ ഇത് ഇടിച്ച് മറിഞ്ഞു കഴിയും അപ്പം എനിക്കറിയാം ഈ വഴി ഒതുങ്ങി പോകണം അതിനറിയാം അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ വസ്തുക്കളുടെയും അതറിയുന്നു അറിവിനെയാണ് നമ്മൾ അസ്തിത്വം എന്ന് പറയുന്നത് അറിഞ്ഞാലേ എനിക്ക് സെർവൈവ് ചെയ്യാൻ പറ്റും ഇനി ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രായമായും ഞായും മുറി കിടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രെയിൻ ശരിക്കൊന്നും പ്രവർത്തിക്കത്തില്ല പ്രവർത്തിക്കാതെ ഞാൻ ചാടി കഴിഞ്ഞിട്ട് ആ ചോറിലേക്ക് കടക്കും ഇടിച്ച് തലയിടിച്ചവിടെ വീഴും ചിലപ്പോൾ ഈ മേസയിലേക്ക് കടക്കും തലയിടിച്ചവിടെ വീഴും എന്തുകൊണ്ട് എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഇന്റേണൽ മോഡലിംഗ് ശരിയായി നടക്കത്തില്ല എന്തുകൊണ്ട് എൻ്റെ ബ്രെയിനൊക്കെ ദ്രവിച്ച് പോയി കേടായിപ്പോയി ഇപ്പൊ ബ്രെയിൻ ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് ഈ മോഡലിംഗ് നടക്കുന്നതും നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് നമുക്ക് കൃത്യമായി ബോധമുള്ളത് അപ്പൊ നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ബോധം മറ്റ് മനുഷ്യരെ കുറിച്ചുള്ള ബോധം സമൂഹത്തെക്കുറിച്ചുള്ള ബോധം നല്ലതിനെയും തിന്മയും ബോധം എന്തിനാ നമ്മുടെ സംസ്കാരത്തെ ബോധം ഇതെല്ലാം ഇതിനെല്ലാത്തിനെയും നമ്മൾ അറിയുന്നു അതിനു നമ്മൾ ഉന്മാന്ന് അല്ലാതെ ഇവിടെ ബ്രഹ്മത്തിന്റെ എക്സിസ്റ്റൻസ് ബ്രഹ്മത്തിന്റെ ഒന്നുമ അങ്ങനെ ഒരു സാധനത്തെ നമ്മൾ അറിയുന്നില്ല വസ്തുക്കൾ പുറമേ ഉണ്ട് അതിനെ അറിയുന്നുണ്ട് പക്ഷെ ആ അറിവെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡേണലായി നടക്കുന്ന ബ്രെയിനിന്റെ ഒരു പ്രോസസ്സാണ് അപ്പോ ഈ ശങ്കരാചാര്യർ പറയുന്ന എന്താണ് ഈ അസ്തിത്വം എന്നൊന്നും കാൽ കാശിന്റെ വിലപോലും എന്താണ് ഇത് വെറുതെ കൊടുത്താലും ആരും അങ്ങത്തില്ല എന്നാർ പറയുന്നു ന്യൂറോ സയൻസ് പറയുന്ന അങ്ങനെയാണ് അതും അറിഞ്ഞിരിക്കുന്നു മതിയായോ ഇത് ബ്രെയിനിന്റെ ഒരു മെക്കാനിസം മാത്രമാണ് അല്ലെങ്കിൽ അത് പ്രോസസ്സിംഗ് ആണ് എന്നാണ് പറയുന്നത് അതിനപ്പുറം അവിടെ പുറമേ എന്തെങ്കിലും അസ്തിത്വ ഉണ്മോ എന്നൊരു സാധനം ന്യായവൈശേഷികന്മാർ പറയുന്നില്ല ഈ പദാർത്ഥത്തിൽ ഇരിക്കുന്നു അല്ലെങ്കിൽ അവര് പദാർത്ഥമാണെന്നോ അല്ലെങ്കിൽ ബ്രഹ്മ ഇങ്ങനെ പൊങ്ങി വരികയാണ് ഇതിന്റെ അടിയിൽ നിന്നും ഈ പറയുന്ന എന്താണ് ഒരു അടിസ്ഥാനം ഇണ്ടാകാത്ത വെറും കല്പനകള് മാത്രം അന്നത്തെ കാലഘട്ടത്തിൽ അവരിങ്ങനെ എന്നുവെച്ചാൽ അന്നത്തെ കാലഘട്ടത്തിൽ അവര് ചിന്തിച്ചു എല്ലായിടത്തും അസ്തിത്വം അനുഭവം ഉണ്ട് ഇത് എവിടെന്നു വന്നു അപ്പൊ അവര് ചിന്തിച്ച് കണ്ടെത്തിയ ഒരു എന്നാൽ ഇത് ബ്രഹ്മെന്ന് പറയുന്ന ഇതിലുണ്ട് അതിന് അതിങ്ങനെ പ്രകാശിക്കുന്നാണ് ബ്രഹ്മത്തിന്റെ സ്ഫുരണമാണ് ഈ അസ്തിത്വം ഞാൻ അവര് യുക്തി ഉപയോഗിച്ച് ചിന്ത ഉപയോഗിച്ച് പറഞ്ഞു അന്നത്തെ അവരുടെ ചിന്ത ഉപയോഗിച്ച് പറഞ്ഞു പക്ഷെ അന്ന് ഇവർക്കെല്ലാം നഷ്ടപ്പെട്ടുപോയ ഒരു സാധനമുണ്ട് എന്താണെന്ന് ബ്രെയിൻ അതുകൊണ്ട് ബ്രെയിൻ പ്രോസസ്സിംഗിനെ കുറിച്ച് ബ്രെയിനും ഈ പറയുന്ന ഈ കോൺഷ്യസ്നെസ് അവയർനെസ്സുമായിട്ടുള്ള റിലേഷൻ അതിനെക്കുറിച്ച് അവർക്ക് യാതൊരു ബോധമില്ലായിരുന്നു ഇന്നും ശരിയായ ബോധം വന്നിട്ടില്ല കേട്ടോ ഇന്നും മനുഷ്യനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇന്നത്തെ മനുഷ്യനെന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമ്മളുടെ ബന്ധം കണ്ടെത്തി എങ്ങനെയെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ഇപ്പോ ഞാൻ ബോധം നമ്മൾ വിചാരിക്കുന്ന ഞാൻ എന്നുള്ള ബോധം ഇങ്ങനെ ഉണ്ടായിരിക്കും ഞാൻ എന്നറിഞ്ഞുകൊണ്ടിരിക്കും അത് മാറ്റമില്ലാത്ത നിത്യമാണ് അങ്ങനെയല്ല നമ്മളെ ബ്രെയിനിന്റെ ഏതെങ്കിലും ചില ഭാഗങ്ങളിൽ കേട് സംഭവിച്ചുകഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്നുള്ള ബോധം കാണത്തില്ല വിടെ ഞാനെന്നറിയാൻ ഒരാള് ഇല്ല അപ്പം ബ്രെയിനിന്റെ പ്രോസസ്സിങ് കൃത്യമായി നടന്നാല് ഞാൻ എന്നുള്ള ബോധം ഉണ്ടാവും അപ്പം ഞാൻ എന്നുള്ള ബോധമാണ് രമണമോഷിക പറയുന്ന എന്താണ് അഹം അഹമെന്നറിയുന്നതാണ് ബ്രഹ്മെന്ന് അത് നല്ല ബ്രെയിൻ പ്രവർത്തിച്ചാലേ ഇത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കത്തുള്ളൂ കാരണം എന്തുകൊണ്ട് ഇതൊരു പ്രോസസിംഗ് ആണ് ഇല്ലെങ്കിൽ ആ ബോധം ഉണ്ടാവത്തില്ല അപ്പം പിന്നെ ഇനി മറ്റൊന്ന് അനസ്തേഷ്യ അനസ്തേഷ്യ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് ഞാനെന്നുള്ള ബോധം മറയുന്നു അവിടെ എന്താ ചെയ്യുന്നത് ചില കെമിക്കലുകൾ നേരെ ബ്രെയിനിൽ പോയി അവിടെ പ്രവർത്തിക്കുമ്പോൾ ബ്രെയിനിന്റെ പല ഭാഗങ്ങളും പ്രവർത്തിക്കാതാവുന്നു അനസ്തേഷ്യയിൽ എന്താണ് ആർക്കെങ്കിലും ഞാനൊന്ന് ബോധമുണ്ടോ ഒരു ബോധവില്ല അപ്പോ അതെല്ലാം അത് തെളിവല്ലേ എന്താണ് ഇത് ബ്രെയിനിന്റെ ിലെ ചില കെമിക്കലുകൾ പ്രവർത്തിക്കുന്നോണ്ടാണ് ഈ ബോധം ഇങ്ങനെ നടക്കുന്നത് അതിനെ തടയുന്നതിനുള്ള ചില കെമിക്കലുകൾ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ പിന്നെ അനസ്ഥിഷീലവനൊരു ബോധമുണ്ട് അവിടെ അവന്റെ ആത്മാവ് എവിടെ പോയി നമ്മുടെ പോയി അവസരം കേസ് കോ ഞാൻ പറയുന്ന കേട്ടു ആൾക്കാരുടെ പറയുള്ളേ ഇത് മനസിലാക്കാൻ എന്റെ അസുഖങ്ങളൊരു കോമയിൽ നിങ്ങൾ കോമയിൽ കിടക്കുമ്പോൾ മാത്രല്ല അനസ്തേഷ്യ കൊടുക്കുമ്പം പോകുന്നു ഇതിന്റെ ഏറ്റവും വളരെ ഇത് വ്യക്തമായി ലോകത്തിന്റെ പല കൃത്യമായി തെളിയിച്ചിട്ടുള്ളതാണ് ബ്രെയിൻ ഡാമേജ് ബ്രെയിനിന്റെ ചില ഭാഗങ്ങൾക്ക് ഡാമേജ് എന്ന് കഴിഞ്ഞാൽ ഞാനെന്നുള്ള ബോധം അപ്പൊ പിന്നെ അവന്റെ ആത്മാവ് പോയി നിത്യറ്റ്ലെ അനുഭവം അത് ലിമിറ്റായിട്ട് അപ്പൊ ഞാനൊന്നും എന്റേതൊന്നും എന്റേതൊക്കെ വേറെ ഞാൻ എന്ന് പറയുന്ന ആത്മാവ് എന്റേതെന്ന് പറയുന്നത് ആത്മാവല്ല വേറെയാണ് ഇതൊക്കെ പറയുന്നത് എന്തുകൊണ്ട് ബ്രെയിനിൽ പ്രോസസ്സിങ് നടക്കുന്നുണ്ട് ബ്രെയിനിന്റെ ഏതെങ്കിലും ഭാഗത്ത് കേട് വന്നു കഴിഞ്ഞാൽ അവിടെ ഞാനും ഇല്ല എന്റേതുമില്ല രണ്ടുമില്ല മയക്കുമരുന്നു യൂസ് ചെയ്യുമ്പോഴും ഇതേപോലെയുള്ള പല ഏതെങ്കിലും ഫിക്സ് വരുന്ന സമയത്ത് എല്ലാം ഇത് കാര്യമാണ് അതെല്ലാം ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ നെർവസ് സിസ്റ്റം മാത്രല്ല നമ്മുടെ നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുണ്ട് കാരണം അത് അങ്ങനെ പറയാൻ കാരണമെന്ന് വെച്ചാൽ ഇപ്പം അനസ്തേഷ്യം എനിക്ക് അനസ്തേഷ്യം എന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താണ് നട്ടലിലൊരു ഇഞ്ചക്ഷൻ എടുത്തത് അപ്പോൾ നട്ടലിലൊരു ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവിടെയാണ് എടുത്തത് എന്നിട്ട് ഡോക്ടറെ ഒരു പഞ്ഞു കൊണ്ടുവന്നിൻ്റെ കൂടെ ഇങ്ങനെ വെച്ച് ഇന്നു അല്പം താഴെയായിട്ട് ഇങ്ങനെ എനിക്ക് കാണാം ആ എന്തെങ്കിലും അറിയുന്നുണ്ടോ എന്ന് ചോദിച്ചു പഞ്ഞിയാ വെച്ചത് ഞാൻ അറിഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല കുറച്ചുകൂടെ മേലോട്ട് വെച്ചോ ഇപ്പൊ അറിയുന്നുണ്ടോ ഇപ്പൊ അറിയുന്നുണ്ടോ അപ്പൊ എന്തു ചെയ്തു ഇനി കാലെന്ന് അനക്കിയേ ഞാൻ കാലില്ല പിന്നെങ്ങനെ അനക്കാനാ എനിക്ക് കാലില്ല കാലൊന്നും ബോധമില്ല കാലെന്ന് പറയുന്നൊരു സാധനം ഉണ്ടെന്നുള്ള ബോധമില്ല പിന്നെ ഇതിന്റെ താഴോട്ടുള്ള ഒരു സാധനം ഇല്ല യാതൊരു അപ്പൊ ഈ മൂത്ര ദ്വാരത്തി കൂടെ ഇയാൾ ഇത്രയും കനമുള്ള ഒരു സാധനം ഉള്ളിലേക്ക് കയറ്റി ഞാൻ അറിയുന്നില്ല ഇപ്പൊ ഇപ്പൊ പച്ചയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഇത് കയറ്റിക്കഴിഞ്ഞ എന്തായിരിക്കും അതിന്റെ സാധനം കേട്ടിട്ടാ സർജറി നടത്തുന്നത് നല്ല കനമുള്ള സാധനം ഞാൻ പിന്നീട് നോക്കി ഈ വരണ്ണക്കാളും കനമുള്ള ഒരു സാധനം കൊത്തി സർജറി നടത്തുന്നത് അപ്പൊ ഈ താഴെ ടളേനെ എനിക്ക് എന്തെങ്കിലും ഒരു ബോധം എന്തായിരിക്കും എന്റെ അവസ്ഥ ഇനി മേളനോട്ട് മേളനോട്ടൊക്കെ എനിക്ക് ബോധമുണ്ട് താഴെ പരിപാടി നടക്കുന്നെനിക്കറിയാം അവിടെ എന്തോ ചെയ്യുന്നു എന്തു ചെയ്യുന്നു എന്നറിയില്ല അവിടെ തട്ടും മുട്ടുമൊക്കെ കേൾക്കുന്നുണ്ട് എന്റെ തലക്കൊരു ഡോക്ടർ വന്നിരുന്നു എന്നോട് സംസാരിക്കുന്നു അതെനിക്കറിയാം അപ്പോ പിന്നെ രണ്ടാമത് ഇതെല്ലാം നമ്മളോട് പറഞ്ഞിട്ടാണ് രണ്ടാമത് ഈ ഞരമ്പിലൂടെ ഒരു ഇഞ്ചക്ഷൻ തന്നു പറഞ്ഞു ഈ ഇഞ്ചക്ഷൻ എന്തെന്ന് വെച്ചു കഴിഞ്ഞാല് ബ്രെയിൻ പഴയതുപോലെ വർക്ക് ചെയ്തു വർക്ക് ചെയ്യും പക്ഷെ ചെറിയ രീതിയിൽ വർക്ക് ചെയ്യും ശരിയാണോ അതുകൊണ്ട് ചെന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഓർമ്മയുണ്ട് പക്ഷെ അഹം ബ്രഹ്മാസമിതൊന്നും ചിന്തിക്കാൻ പറ്റില്ല അതൊന്നും അവിടെ അടക്കത്തില്ല ബോധം എന്താണറിയ എന്റെ തലക്കെ ഇരിക്കുന്ന ഒരു ഡോക്ടർ എന്നോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്ന് വെച്ചാ എന്റെ ബോധം ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോന്നറിയാൻ അവർ ചോദിക്കുന്നു ചോദ്യങ്ങളൊക്കെ ചോദിക്കും എന്തെങ്കിലുമൊക്കെ ചോദിക്കും അതിനൊക്കെ നമ്മൾ ഉത്തരവ് പറഞ്ഞോണ്ടിരിക്കും എത്ര രണ്ടര മണിക്കൂർ മനസിലായ രണ്ടര മണിക്കൂർ അപ്പോ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ പകുതി വർക്ക് ചെയ്യുന്നുണ്ട് രണ്ടര മണിക്കൂർ ആ രണ്ടര മണിക്കൂർ നമ്മളെ തിലക്കിയിരിക്കും കാരണം നമ്മുടെ ഈ കോൺഷ്യസ്നസ് അവയർനെസ്സിന് എന്തെങ്കിലും ആൾട്രേഷൻ അവര് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും ഒന്നുവെച്ചാൽ നമ്മളങ്ങ് ഓഫായി പോകുന്നു ഓഫായി പോകുന്നുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന ഈ അനസ്തേഷ്യയുടെ ഈ മരുന്നുകൾക്ക് എന്തോ കുഴപ്പമുണ്ടോ എന്നാണോ അത് സംഭവിക്കാൻ പാടില്ല ഇതിന് താഴോട്ട് മാത്രമേ അതുകൊണ്ട് ഈ ഫുൾ ടൈം ഒരാള് പിറകെ ഇരിക്കും ഇടയ്ക്കിടയ്ക്ക് കൈ എടുത്ത് നമ്മുടെ തലയിലൊക്കെ ഇങ്ങനെ തടവും അപ്പോ അതൊക്കെ ചെയ്യുമ്പോ നമുക്കറിയാം നമ്മള് ശരീരം പ്രതികരിക്കുന്ന ഒക്കെ അവർ നോട്ട് ചെയ്യും എന്നിട്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കും ഈ രണ്ടര മണിക്കൂർ നമ്മള് ബോധത്തോടുകൂടി കിടക്കുകയാണ് ചെറിയ മയക്കവും വരും എന്നുചാരിച്ച് ബോധം ഇല്ലാത്ത അവസ്ഥയല്ലോ അപ്പൊ നമ്മൾ ചിന്തിക്കും അവിടെ എന്തായിരിക്കും അമ്മമാതിരി ചെയ്യുന്നത് ഇതിന്റെ അകത്തൂടെ മെന്താ കയറ്റിയിരിക്കുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം അപ്പൊ നോക്കുക എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഈ കെമിക്കല് പ്രവർത്തിക്കുന്നത് അതിവിടെ ഒരു കട്ടൺ ഇങ്ങനെ വയ്ക്കും ഇങ്ങനെ ഒരു സ്ക്രീം വയ്ക്കും ആ സ്ക്രീയും വയ്ക്കുമ്പോൾ പിന്നെ നമുക്ക് അപ്പുറത്ത് ആള് നിൽക്കുന്നതും എല്ലാം കാണാം ബാക്കിയിരിക്കുന്ന ആളിനെ കാണാം എന്റെ തല തലയിലിരിക്കുന്ന ആളെ ഇങ്ങനെ പോകും കാണാം പക്ഷെ അങ്ങോട്ട് അതിന്റെ മേണിൽ കൂടെ പോകുമ്പോൾ ചെലപ്പോ ഡോക്ടറുടെ തലയിൽ ഒരു അവരൊരു തുണി വെക്കുമല്ലോ ഒരു തൊപ്പി ആ തൊപ്പി ചിലപ്പോ കാണാൻ പറ്റും അപ്പൊ നമ്മുടെ ഒരു ശരീരത്തിൽ തന്നെ ഏഹ് ഒരു പ്രശ്നവും ഇണ്ട നമുക്ക് ചരിഞ്ഞു കിടക്കാനേ പറ്റും നമ്മുടെ ശരീരത്തിൽ തന്നെ ഇതിന് താഴോട്ടുള്ള അനുഭവം വേറെ മനസ്സിലായോ ഇതിന് മേളോട്ടുള്ള അനുഭവം വേറെ ഇതൊക്കെ അനുഭവിച്ചറിയണം പോയി ഒരു സർജറി ഒക്കെ ചെയ്യും ഇനിയണം ഇതൊക്കെ നമ്മള് അറിയുമ്പോഴാണ് എന്താണ് ഈ ചങ്കരാതിലൊക്കെ എന്ത് പൊട്ടത്തിലോ പറഞ്ഞിരിക്കുന്നത് അപ്പോ ബ്രെയിൻ രണ്ടു രീതി വർക്ക് ചെയ്യുന്നു ശരീരം രണ്ട് രീതിയിലാണ് നമ്മള് ബോധം രണ്ട് രീതിയിലാണ് അവിടെ എന്റെ കാലില്ല എന്റെ കാലം എന്ന് പറയുന്നൊരു സാധനമുണ്ട് ഞാനുണ്ട് എന്റെ ബോധം ചെറിയ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് ചിന്തിക്കാൻ പറ്റുന്നുണ്ട് കാല് അങ്ങനൊരു സംഭവമേ ഇല്ല ഓർമ്മയുണ്ട് കാല് ഉണ്ട് മറ്റു താഴത്തുള്ള എല്ലാ സാമാനവും ഉണ്ടെന്ന് പക്ഷേ അതിനെ കുറിച്ചുള്ള അനുഭവമില്ല ആ സമയത്ത് നമുക്ക് ഇല്ല ഇതൊക്കെ ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ ഇവനവിടെ എന്താ ചെയ്യുന്നത് ഇതിപ്പോ ഏതൊരു തീരെപ്പോഴാ തീരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട് ച്ചാ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു അപ്പൊ ബോധം എന്ന് പറയുന്നത് ഇത്തരം കെമിക്കലുകൾ കൊണ്ട് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സാധനമാണ് അപ്പോ കേവലം ബ്രെയിൻ മാത്രമല്ല നമ്മുടെ നെർവസ് സിസ്റ്റം മനസ്സിലായോ ബ്രെയിനും നെർവസ് സിസ്റ്റവും കൂടെ ചേർന്ന് പ്രവർത്തിച്ചിട്ടാണ് ഈ ബോധം നിൽക്കുന്നത് ഇതില് ഒരു അനശേഷ ഡോക്ടർക്ക് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗവും നിശ്ചലമാക്കാം പ്രത്യേകം പ്രത്യേകം പ്രത്യേകം വെറും കെമിക്കലും ഉണ്ട് ഇതിനായ അപ്പൊ കെമിക്കലാണ് നമ്മുടെ ഈ ബോധ ഇങ്ങനെ അതുകൊണ്ടാണ് ഉറപ്പ് വരുന്നത് എന്താണ് ബ്രെയിനിന്റെ ഒരു പ്രോസസ്സാണെന്ന് ഇവര് പറയുന്നു ന്യൂറോ സയന്റിസ്റ്റുകൾ പറയുന്നു സെൽഫ് മോഡൽ എന്ന് പറയുന്നത് ഇപ്പോ ആ സെൽഫ് മോഡല് റെപ്രസെന്റ് ചെയ്യുന്ന എന്റെ ഈ ബോഡിയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ എന്റെ കൈ എന്റെ കാല് ആ സെൽഫ് മോഡലിംഗിനെ അവരെന്ത് ചെയ്യുന്നു കട്ട് ചെയ്തും പകുതിയായിട്ട് മുറിച്ച് കളയുന്നു അപ്പൊ എനിക്ക് ആകെ മോഡലിംഗ് എന്ന് പറയുന്നത് ഇതിന് മേലോട്ടേ കൈകൾ ഇത് അവിടെ ബാക്കിയുള്ളിടത്ത് അങ്ങനെ ഒന്നും ഉണ്ടെന്നുള്ള ഒരു ഓർമ്മയുണ്ട് പക്ഷെ അവിടെ അതിനെ കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഇത് ഏതെങ്കിലും നമ്മുടെ കൈയ്യോ കാലോ പോയാലും എല്ലാ സമയം ഇത് തന്നെ സംഭവിക്കുന്നു അപ്പൊ അതുകൊണ്ട് ഈ ഇന്റേണൽ മോഡലിംഗ് എക്സ്റ്റേണൽ മോഡലിംഗ് ഇത് രണ്ടുമാണ് നടക്കുന്നത് ആ മോഡലിംഗ് അതാണ് നമ്മുടെ അവയർനെസ് അതിനെ ആണ് നമ്മള് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് അതിൽ കവിഞ്ഞ് എന്താണ് എക്സിസ്റ്റൻസ് എന്ന് പറയുന്നതിന് സ്വതന്ത്രമായി പുറമെയോ ഉള്ളിലോ ഒന്ന് നൽകേണ്ടത് പക്ഷെ വസ്തുക്കൾക്കുണ്ട് ഈ വസ്തു ഇവിടെയുണ്ട് ഞാൻ അറിയാത്തപ്പോഴും എന്റെ കാലവട കിടപ്പുണ്ട് കാറുകളെല്ലാം അവിടെ കിടക്കുന്നുണ്ട് പക്ഷെ ഞാൻ അറിയുന്നുണ്ടോ അപ്പോ നമ്മളറിഞ്ഞാലേ വസ്തുണ്ട് ഉണ്ടാവു അങ്ങനെയില്ല നമ്മളറിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ ഉണ്ട് നമ്മൾ അറിയേണ്ട കാര്യമില്ല ഇതവിടെ കിടക്കും അല്ല ഇപ്പൊ ഒരാൾക്ക് ദേഹവധം എത്ര വർഷം അയാള് ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പൊ അയാളവിടെ കിടക്കുകയാണ് അയാളുടെ ശരീരമുണ്ട് അതിന്റെ ശരീരത്തിൽ അത്യാവശ്യം പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷെ ബോധമില്ല ആ അത്യാവശ്യം എന്തോ ചില പ്രവർത്തനങ്ങൾ നടക്കും അപ്പോ എന്ത് ചെയ്തു അങ്ങ് ആ സപ്പോർട്ട് എല്ലായിടത്തും മാറ്റിയപ്പോഴത്തേക്കും മരിച്ചു അതിന്റെ പ്രസിദ്ധ അപ്പോ എന്താണോ മരിക്കുക എന്ന് പറയുന്നത് എന്താണോ ഈ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ നടച്ചുകഴിഞ്ഞ അത് കൃത്രിമമായിട്ട് മരണമായി അത് കഴിഞ്ഞെന്താ ഉള്ളത് എന്ന് ന്യൂറോ സയൻസ് പറയും ആ സമയം അത് മറ്റൊരു മേഖല അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇവിടെ തത്വചിന്തയുടെ രീതി പറയുമ്പോൾ ഇതിനെല്ലാം മൊത്തം റിവേഴ്സിന്താ പറയുന്നത് ഇവിടെ ഒരു അസ്തിത്വം ഉണ്ട് അതിന് ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത് എന്റെ ഉള്ളിൽ ഒരു അസ്തിത്വമുണ്ട് അതിന് ഞാൻ അഹം ഞാനെന്നറിയുന്നു ഇത് രണ്ടും തലതിരിഞ്ഞ് കിടക്കയാണ് ഒരാളുടെ തലയ്ക്ക് നേരെ മറ്റൊരാള് കാല് വെച്ച് കിടക്കുകയാണ് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ രണ്ടിനെയും ഇങ്ങനെ ഒരാളുടെ തല അങ്ങോട്ടും ഒരാളുടെ തല ഇങ്ങോട്ടും ഇങ്ങനെ കിടക്കുകയാണ് ഈ രണ്ടെണ്ണം ഈ തത്വ ഈ സയൻസും നടായിരുന്നു പറയുന്നത് ഇതിന്റെ രണ്ടിനെയൂടെ കൊണ്ടുവന്ന് ബ്രഹ്മത്തിൽ ഒന്നാക്കാം ഈ ബ്രഹ്മത്തിന്റെ അവസ്ഥ പിന്നെ ഏത് ബ്രഹ്മത്തിലാണ് ഒന്നാക്കുന്നത് ബ്രഹ്മെന്ന് പറയുന്നതിനെ കുറിച്ച് എന്താ പറയുന്നത് ഒരു പ്രോസസ്സിങ് ആണ് പിന്നെ ഇങ്ങനെ ബ്രഹ്മത്തിന് ഇതെല്ലാം കൊണ്ടുവന്നൊന്നാകുന്നു അതെനിക്ക് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടുണ്ടോ ഇനി ഇത് ആരെങ്കിലും ശരിക്ക് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാരെങ്കിലും ഉണ്ടോ ഞാൻ ഈ നടക്ക് പഠിച്ച ആരെങ്കിലും ഉണ്ടോ അറിയാമോ അവിടെയില്ല അതെനിക്കറിയാം പുറത്താരെങ്കിലും ഉണ്ടോ ഉം ഇവിടെനിന്ന് പഠിച്ചു അങ്ങനെ ആരോടെങ്കിലും ഡിസ്കസ് ചെയ്യാൻ കിട്ടിയാല് അതിനെ കുറിച്ച് കൂടുതലും മനസിലാക്കാം പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഈ ആധുനികമായ അന്നു വരെ ഉണ്ടായിരുന്ന ഭൗതിക ശാസ്ത്രത്തിന്റെ എല്ലാ വശങ്ങളും നടുവർ പഠിച്ചു വെസ്റ്റേൺ ഫിലോസഫിയില് ഒട്ടുമുക്കാലും പഠിച്ചു ഇതിലും ഒരു അഭിപ്രായ വ്യത്യാസമില്ല ആൾബർട്ട് ഐൻസ്റ്റൈനും മാക്സ് ഫ്ലാങ്കും പോലെയുള്ള സയന്റിസ്റ്റുകളുടെ കാഴ്ചപ്പാടുകളെല്ലാം വായിക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ആളാണ് അതുപോലെ പഠിച്ചു പക്ഷേ ഈ കൊണ്ടുവന്നതിനെ കൂട്ടിക്കെട്ടുന്ന നടം ാണ് എനിക്ക് പിടി കിട്ടാത്ത ഒരു സംഗതി ഈ ബ്രഹ്മവിദ്യ എന്ന് പറയുന്ന നല്ല ശരിക്കും മനസ്സിലാക്കിയോ കൊണ്ട് കൂട്ടിക്കിട്ടുന്നില്ല അതെനിക്ക് അറിയില്ല അത് അല്ല അതിനാണ് അറിയണ്ടേ ബ്രഹ്മത്തെ ഈ ബ്രഹ്മെന്ന് പറയുന്ന ഒരു സാധനത്തെ എങ്ങനെയാ നല്ലവര് മനസ്സിലാക്കി എന്നുള്ളത് കൂടെ അറിഞ്ഞാൽ ഈ പ്രശ്നം അതേ നാടായ ഒരു പുതിയൊരു ബ്രഹ്മത്തെ സൃഷ്ടിച്ചിട്ട് അതിലിതിനെ കൊണ്ടുവന്ന് യോജിപ്പിച്ചോ എനിക്കറിയില്ല